Yes. <laughs> അതുകൊണ്ടാണ് വാസനാമയമായ ഒരു അപ്പോ അതിൻ്റെ പരിണാമം എന്ന് പറയുന്നത് സൂക്ഷ്മം പരിണാമമാണ് സൂക്ഷ്മമായി അത് പരിണാമിച്ചിരിക്കുന്നത് എല്ലാം കാരണം വാസങ്ങൾ സൂക്ഷ്മ വിഷയങ്ങളായി പ്രണർത്തി അതിപരിണാമം എന്ന് പറയുമ്പോ അത് സ്ഥൂലമായി പ്രണർത്തി അതെ അതെ സ്വപ്നവും ജാഗ്രത സ്വപ്നത്തില് എന്തെല്ലാം പരിണാമങ്ങൾ വാസിക്കുന്നത് സൂക്ഷ്മപരിണാമം അത് സ്ഥൂല പരിണാമം അവിടെ സാധ്യമല്ല എന്തുകൊണ്ട് സാധ്യമല്ല നമ്മുടെ ഉള്ളില് ഒരിക്കലും സ്ഥൂല വരും കാരണം സ്വപ്നത്തെ നമ്മൾ കാണുന്നത് ആനയാണ് ആന ഇങ്ങനെ ഉള്ളിൽ കാണും പുറകെ കിടക്കുമ്പോഴാണ് നോക്കുന്നത് ആന കാണുന്ന ആന എന്ന് പറയുന്നത് എല്ലാ മാസനേട്ട പരിണാമം തന്നെയാണ് ജാഗ്രത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന കസ്തുല വരണം ഇത് തന്നെയാണ് മരിച്ചവന് ജന്മം ഉണ്ടാകുന്ന സംഭവം മരിച്ചവന് അനുഭവമുണ്ട് സൂക്ഷ്മം പിന്നെ അവനൊരു ജന്മം ഉണ്ടാകുമ്പോഴാണ് എന്താ സംഭവിക്കുന്നത് സ്വപ്നത്തിൽ നിന്ന് ജാഗ്ര തരുന്നത് പോലെ സ്ഥൂലപരണം ഇതെങ്ങനെ കണ്ടുപിടിച്ച് മരിച്ചവരാരെങ്കിലും പറയുന്നുണ്ടോ ഞാൻ സൂക്ഷ്മമായി നമ്മളും മരിച്ചിട്ടുള്ളവരാണ് ഈ പറയുന്നതനുസരിച്ച് പലതവണ മരിച്ചു ആർക്കെങ്കിലും ഓർക്കാൻ കഴിയുന്നുണ്ടോ ഞാൻ മരിച്ചു കഴിഞ്ഞ എനിക്ക് ബോധമുണ്ടായിരുന്നു സൂക്ഷ്മപരിണാമായിരുന്നു പിന്നെ ഞാൻ ഇപ്പം ശേഷം ഞാൻ ജനിച്ചു സ്ഥൂലപരിണാമവും യഥാർത്ഥങ്ങളും ഓർമ്മയുണ്ട് അങ്ങനെ കണ്ടുപിടിച്ചു സ്വപ്നം ജാഗ്രത ഈ പറയുന്ന സിദ്ധാന്തങ്ങൾക്കെല്ലാം ആധാരം എന്ന് സ്വപ്നത്തിനെയും ജാഗ്രതയും പരിശോധിച്ചിട്ട് നമ്മുടെ തന്നെ അനുഭവത്തിലുള്ള സ്വപ്നത്തെ കണ്ടിട്ട് ഉള്ള ചിന്തയാണ് അതിനെ കുറിച്ച് വിചാരം ചെയ്ത് ഇതുപോലെയായിരിക്കും ഭരണത്തിന് ശേഷം സംഭവിക്കുന്നതെന്നുള്ള ഒരു കൽപ്പന അപ്പൊ ജന്മം എന്ന് പറയുന്നത് സ്വപ്നത്തിൽ നിന്ന് ജാഗ്രത്തിൽ വരുന്നത് പോലെ ആണ് എന്നുള്ളൊരു കൽപ്പന ഈ സ്വപ്നവും ജാഗ്രതമാണ് ഈ പറയുന്ന എല്ലാ കൽപ്പനകൾക്കും ആധാരമായിരിക്കും മരണാനന്തര ജീവിതം മരണശേഷമുള്ള ജന്മം അതിനുശേഷമുള്ള ഇതെല്ലാം ഈ സ്വപ്നം ജാതകത്തിൽ നിന്നുകൊണ്ടുള്ള ചിന്തകൾ അതല്ലാതെ അങ്ങനെ പറയാൻ കാരണം ഇതല്ലാതെ ഇതിനെക്കുറിച്ച് നമുക്ക് ഊഹിക്കാൻ സങ്കല്പിക്കാൻ വേറെ ഒരു വഴിയില്ല നമ്മുടെ അനുഭവത്തില്ല ഈ രണ്ടാവസ്ഥ അപ്പോ അതുകൊണ്ടാണ് പറയുന്നത് അതിവർണാമേനോ തതയോ ഖനതാം ആ വാസ്തുകളിൽ നിന്ന് എന്ത് ചെയ്തു ഖനീഭവിച്ചു ഇത് ഈ പറയുന്നത് ശരിക്കും ബൗദ്ധങ്ങളെന്ന് പറയുന്നത് വാസനകളിൽ കൊണ്ട് ആണ് വിജ്ഞാനം ഇങ്ങനെ കാണുന്നതിലും ഭൂമിയായ അതങ്ങനെ സംഭവിക്കും വാസന സൂക്ഷ്മ വിജ്ഞാനം സൂക്ഷ്മമാണ് അപ്പറും അതിന്റെ മറ്റൊരു രൂപം ഖനീഭൂതമായ അർത്ഥക്രിയാകാര്യത്തോടെ അതാണ് എൻ്റെ വ്യക്തി അ പ്രയോജനക്ഷമമാണ് അതേ വ്യക്തി തന്നെയാണ് എവിടെയും പറയുന്നത് അതായത് ഇവർ ആദ്യം കണ്ടുപിടിക്കുന്ന വ്യക്തിയാണ് അതായത് എൻ്റെ മുമ്പേ പുസ്തകവും അതായത് വിജ്ഞാനമാണ് കേവർ വിജ്ഞാനം അതായത് സൂക്ഷ്മമാണ് വിജ്ഞാനം അമൂർത്തമായൊന്നാണ് അതിൽ നിവൃത്തി വെച്ച് ർത്ഥക്രിയാജ്ഞാനത്തെ തന്നെ നിവർത്താനും വായിക്കാനും പഠിക്കാനും ഒക്കെ ഉള്ള ഒരു പ്രായോഗിക പ്രയോജനക്ഷമത അതിനകത്തുള്ള ഇതാണ് രണ്ടാസം അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് അപ്പൊ അവൻ എന്ത് ചെയ്യുന്നു അയം ലോകോകം എന്ന് ജീവാകാശത്തിൽ വിജുംബത ഒരു വികാസം സംഭവിക്കുന്നു എന്തിനു വികാസം സംഭവിക്കുന്നു ആവാസ വിജുംബതയിൽ വികാസം സംഭവിക്കുന്നു ആ സൂക്ഷ്മകരണാമ സ്ഥൂലമായിരിക്കുമ്പോ അവൻ പറയുന്നില്ല ഞാൻ ജനിച്ചു ഇപ്പോ ഇവിടെ പറയുന്നതിന് ചുരുക്കം ഇതെല്ലാം ജീവന്റെ ബോധാകാശം ജീവബോധം അദ്ദേഹത്തിൻ്റെ ആകാശം എന്ന് പറയുന്നത് അത് വ്യാപ്തമായപ്പോ അതിൽ സംഭവിക്കുന്ന മാറ്റങ്ങളല്ല അതിൽ നിന്ന് വേറിട്ട് ജീവബോധത്തിൽ നിന്ന് വേറിന്റെ സ്വതന്ത്രമായി ഒന്നിനും ഭൗതികമായ ഒരു അസ്തിത്വം ഇല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് എല്ലാം ജീവബോധത്തിൽ നിൽക്കുന്നതാണ് അങ്ങനെ വിരട്ടണ്ടാകാമെന്ന് എനിക്ക് പറ്റും പറ്റും അതാണ് സ്വപ്നത്തിൽ കാണുന്നത് സ്വപ്നത്തിൽ കാണുന്നത് ജീവബോധം മാത്രമാണ് വിജ്ഞാനവാദിയോഗ ആശയം കിട്ടിയ സ്വപ്നത്തിൽ നിന്നാണ് അല്ല ബോധത്തിൽ നിന്ന് വേറിട്ട് ബോധത്തിന് വിഷയമായി പ്രത്യേകിച്ച് വസ്തുല്ല അത് ഞാൻ കൂടെയാണ് ോകം എന്നുള്ള ഒരു അനുഭവം ഉണ്ടാവുമ്പോ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അനുഭവമാണ് ജന്മത്തെ അനുഭവിക്കുന്നു ഇപ്പം സംഭവിക്കുന്നു നമുക്ക് ഈ സംഭവിച്ചിരിക്കുന്നതിനെ കുറിച്ച് ഇവിടെ ഇവിടെ നമ്മൾ ജന്മത്തെ അനുഭവിക്കുന്നു ജനിച്ചീലും പ്രവൃത്തികൾ കായികമായ വാചികമായ മാനസികമായ എല്ലാ പ്രവൃത്തികളും ഇവിടെ നൽകുന്നു മരണം മരണത്തെ കുറിച്ച് പറയുന്നു ഇങ്ങനെയുള്ള അനുഭൂതിയുമാണ് ഇതൊക്കെ കേൾക്കുന്ന അനുഭവമാണ് ഈ അനുഭൂതി എന്ന് പറയുമ്പോൾ എന്താണ് അനുഭവം അനുഭവം എന്ന് പറയുമ്പോൾ ഇത് അനുഭവം മാത്രമാണ് ഏതുപോലെ സ്വപ്നം പറയും അല്ലാതെ അനുഭവത്തിൽ നിന്ന് വേറൊരു ഒരു വസ്തുവുമില്ല അനുഭവം തന്നെയാണ് പരണ്ണോ ഒന്ന് കണ്ടോ അവനമ്മിയോ കണ്ണോത്ത് കൽപ്പിക്കുന്നു നമ്മുടെ പൂർവ്വ ജന്മത്തെ അപേക്ഷിച്ച് ഈ ജന്മം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് പല ലോകമാണ് അല്ല ഈ ജന്മത്തിന് ശേഷം നമ്മൾ ഇനി മറ്റേതെങ്കിലും ഒരു ലോകത്തിലേക്ക് പോവുകയാണെങ്കിൽ കാരണം പല ലോകങ്ങളും കണ് വരെയുണ്ട് ഗോ മഹാത്തപ എന്നൊക്കെ പറഞ്ഞ് പല ലോകങ്ങൾ പറയും ഏതെങ്കിലും ലോകത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് അപ്പോ ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം എന്താ ഭരണശേഷം എവിടെ പറഞ്ഞോണ്ട് കാരണം ശേഷി അവൻ ഇരിക്കുന്നത് വാസനാമയമായ ലോകത്താണ് അവിടെ അവന്റെ ബോധത്തിൽ ഈ അതിപരിണാമം കൊണ്ട് പുതിയൊരു ലോകം വികസിക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് പറഞ്ഞോ പരം ലോകക്കെ മൃതഹ തദന്തര പുരുഷ ഏഴാം മണ്ഡല കഥാവിന്റെ സംസാര ഭാഗിയെയും കഥ അപ്പൊ ഇത് വാസന തന്നെ സൂക്ഷ്മവും സ്ഥൂലവുമാകുന്ന പ്രപഞ്ച അനുഭവം എന്ന് പറയുന്നത് നേരത്തെ പ്രപഞ്ചം ഉണ്ടായിട്ട് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഇന്ന് ആധുനിക ശാസ്ത്രം എന്താ പറയുന്ന പോലെ ഭൗതിക പരിണാമത്തിലൂടെ പ്രപഞ്ചം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതല്ല ഇത് വാസനാപരിണാമം പോലെ സംഭവിച്ച അത് ഇവിടെ പരിണാമം വേണ്ട സംഭവിക്കുന്ന ഇവിടെ ബോധാകാശം ബോധാകാശത്തിൽ പരിണാമം സംഭവിക്കുന്നു ആധുനിക ശാസ്ത്രം പറയുന്ന പോലെ എന്താണ് ഭൗതിക വസ്തുക്കളിൽ പരിണാമം സംഭവിക്കുക എന്താണ് ബോധ ആകാശത്തിൽ പരിണാമം സംഭവിക്കുക ആണ് പറയുന്നത് പുനഃ വീണ്ടും ാശത്തിൽ സ്ഥൂലമായ പ്രപഞ്ചത്തെ അയ്യം ലോക ബോധാകാശത്തിൽ കൽപ്പിക്കുമ്പോൾ കൽപ്പിക്കുക എന്ന് പറയുന്നത് ബോധത്തിൽ സംഭവിക്കുന്നുകൊണ്ടാണ് കൽപ്പിക്കുക എന്നുള്ളത് ഓരോ ജീവന്റെ ബോധത്തിന് സംഭവിക്കുകയാണ് ഓരോ ജീവന്റെ ബോധത്തിനും സംഭവിക്കുകയാണ് അങ്ങനെ കൽപ്പിക്കുമ്പോൾ തതന്ത്രം അന്യേ ബൃത ഒരു ജീവൻ എന്ത് ചെയ്യുന്നു തന്റെ ബോധത്തിന്റെ ഉള്ളിൽ അന്യ ജീവന്മാരെ കട്ടിക്കുന്നു ദേവജീവമാർച്ച ചെയ്തു ഞാനിവിടെയിരിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാം നിലനിൽപ്പെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ എന്നു വേർക്ക് സ്വതന്ത്രമായി നിങ്ങൾക്ക് തദന്തം എന്റെ ഉള്ളിലാണ് എന്റെ ബോധത്തിലാണ് നിങ്ങളെല്ലാം ഇങ്ങനെ തദന്തരന്യം മറ്റുള്ള എല്ലാ ജീവന്മാരും ഏതൊരു പുരുഷനാണോ ഈ ജീവന്മാരെ അനുഭവിക്കുന്ന അവന്റെ ബോധാകാശത്തിൽ നിൽക്കും എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ തന്നെ ടി വി ഒരുപാട് ദൃശ്യങ്ങൾ നിൽക്കുന്നുണ്ട് അവിടെ ഒരുപാട് മനുഷ്യരും ഒരുപാട് സംഭവ പരമ്പരകളും ഒരുപാട് ദേശവും എല്ലാം കാണുന്നുണ്ട് ഒരു ചെറിയൊരു സ്ക്രീനിൽ അതുപോലെ നമ്മുടെ ബോധാകാശത്തിൽ ഒരു ദിവസവും രണ്ടു ദിവസവും മൂന്ന് ദിവസവും ദിവസങ്ങളോളം ഓഫ് ചെയ്യാതിരിക്കാം മരണം വരെ കണ്ടുകൊണ്ടിരിക്കാം ചെറിയ റിസ്കിനകത്തെല്ലാം കാണും അതുപോലെ നമ്മുടെ ബോധാകാശത്തിലാണ് എന്റെ ബോധാകാശത്തിലാണ് ഞാൻ നിങ്ങളെല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുന്നത് തദന്തയും ഇഷ്ടമാണ് തഥാ അപ്പോ നിങ്ങൾക്കും ഉണ്ടല്ലോ ബോധം എന്റെ ബോധാകാശത്തിനാണ് നിങ്ങളെല്ലാം നിൽക്കുന്നതിനു ശരി നിങ്ങൾക്ക് ബോധമുണ്ടോ ഞങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ നിങ്ങളുടെ ബോധാകാശത്തിലാണ് ആണെന്നൊന്നും എന്റെ ബോധാകാശത്തിലാണ് നിങ്ങളൊക്കെ നിൽക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ബോധാവകാശത്തിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോ ചുരുക്കത്തിൽ അങ്ങനെ പറയുമ്പോ എന്ത് വരും ഞാൻ പറയുന്നു എന്റെ ബോധാവകാശ ബോധത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഓരോരുത്തരും പറയുന്നത് എന്താണ് എന്റെ ബോധാവശത്തിലാണ് മറ്റുള്ളവരും നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തായി മാറും ഒരു ബോധത്തിലാണ് എല്ലാം നിൽക്കുന്നത് അങ്ങനെ ജീവിക്കുന്നത് ഞാൻ പറയുന്ന കാര്യം തന്നെ നിങ്ങളും പറയുന്നു വ്യത്യാസമുണ്ട് ഞാൻ പറയുന്നു എന്റെ ബോധത്തിലാണ് നിങ്ങളെല്ലാം ഇങ്ങനെ അനുഭവപ്പെടുന്നത് ഓരോരുത്തരും പറയുന്നു എന്റെ ബോധം എന്റെ ബോധം ഇതെല്ലാം പറയുന്നതാണോ ഒരു ബോധത്തെ കുറിച്ചാണ് എല്ലാ ജീവന്മാരും നിൽക്കുന്നത് പരസ്പരം അനുഭവിക്കുന്നതെല്ലാം ഒരു ബോധത്തിലാണ് ജീവന്മാർ മാത്രമല്ല പ്രപഞ്ചൻ മുഴുവൻ ഒരു ബോധത്തിലാണ് എനിക്ക് എവിടെ നിട്ടിയ ആശയം സ്വപ്നത്തിൽ ഇതാണ് സ്വപ്നത്തെ സംഭവിക്കുന്നത് നിങ്ങള് സ്വപ്നം കാണുമ്പോ സ്വപ്നത്തിൽ നിൽക്കുന്ന ആൾ എന്ത് ചെയ്യുന്നു സ്വപ്നം കാണുന്ന നിങ്ങളെയും കാണുന്നുണ്ട് അവിടെയും ഞാൻ തന്നെയാണ് ഞാറ്റി എന്ന് എന്താണ് വെറും ഭാവനയല്ല എല്ലാ ഭാവനകൾക്കും നമ്മുടെ ചില അനുഭവങ്ങളുമായിട്ട് കവിഭാവന തന്നെയാണ് അതിലും സംശയൊന്നുമില്ല പക്ഷെ നമ്മുടെ അനുഭവങ്ങളുമായിട്ട് എന്താ വരും അതിൽ കുറെ അനുഭവങ്ങളുടെ അംശവും വരും ഹിമാലയോ നാമ നഗാധിരായി അപ്പൊ കാളിദാസൻ പറയുന്ന ഹിമാലയത്തെ കുറിച്ചാണ് നിങ്ങൾ ഹിമാലയത്തിൽ ചെന്നാ കാണും ഹിമാലയ കേൾക്കുന്നു പോകുന്നു എന്നാണ് അതിന് പർവ്വതം പോകുന്നത് പക്ഷെ അതല്ലെന്താണ് പത്തിരണ്ടായിരം മൈൽ വ്യാപിച്ചു കിടക്കുന്ന ആയിരക്കണക്കിന് പർവ്വതം എന്നുള്ളൊരു ശൃംഖലയാണ് പക്ഷെ ഹിമാലയം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തുവരും ഒരു പർവ്വതം ഹിമമുള്ളത് എന്നാൽ അവരുപാട് ഭാഗങ്ങളുണ്ട് അഞ്ഞ് കൂടിക്കിടക്കാത്ത ഒരുപാട് സ്ഥലങ്ങൾ എന്നാലും പേരെന്താ അവിടെ ഹിമ ആലയാണ് അപ്പോൾ വസ്തുതയും ഭാവനയും വേണ്ടി ഒരുപാട് വ്യത്യാസമുണ്ട് ദേവദാത്മാ കുറെ അതൊരു ദേവതയാണ് പറയുന്നത് പക്ഷെ നമ്മൾ അവിടെ ചെന്നവരെ കല്ലും മൂളും മരങ്ങളും വെള്ളവും പക്ഷിയും മൃഗവും മനുഷ്യരും കാറും ബസും ഡോറും എല്ലാം ഉണ്ടവിടെ പക്ഷെ കവി എന്താ പറയുന്നതിനെ ദേവതാത്മാണത് അപ്പ അവിടെ ഭാവനയിൽ നിന്ന് ചില വസ്തുതകളുണ്ട് ഭൗതിക വസ്തുതകളുണ്ട് ഭാവനയുണ്ട് ഭാവനയിലാണ് ദേവത വസ്തുതയിലെന്താണെന്ന് പറയുന്നത് ഒന്നാണ് ഈ പറഞ്ഞ നഗാധിരാജ അത് ചക്രവർത്തിയാണ് ആരുടെ പർവ്വതങ്ങളുടെ ഈ പർവ്വതങ്ങളിലും പ്രജകളും ചക്രവർത്തി ഒന്നുമില്ലല്ലോ അതൊക്കെ മനുഷ്യരുടെ ഇടയിലാണ് രാജാവും ചക്രവർത്തിമാരും പോലും പക്ഷെ അത് ചക്രവർത്തി എന്നാ പറയുന്നത് അതെന്താണ് ഭാവനയുടെ ഒരു വലിയ പർവ്വത നിരയായ ചക്രവർത്തി അപ്പൊ അതിന് ചില യാഥാർത്ഥ്യങ്ങളോടും കുറെ ഭാവനയുണ്ട് ആ യാഥാർത്ഥ്യങ്ങളോടും ഭാവനയെ കൂട്ടിച്ചേർക്കുമ്പോഴാണ് നമുക്കത് ആസ്വദിക്കാൻ കഴിയുന്നത് അല്ലാതെ കാണുന്നത് അതുപോലെ പറയുകയാണെങ്കിൽ അതൊരു റണ്ണിങ് കമന്ററി ആയിപ്പോഴും സ്പോർട്സിലൊക്കെ പറ്റും സാഹിത്യത്തിൽ പറ്റത്തില്ല അതുപോലെ പറയുന്നത് നമുക്കത് എന്താണോ സഹൃദയന്മാർക്ക് അത് പറ്റില്ല അപ്പൊ നമ്മൾ ഈ വായനയും കൊണ്ടിരുന്ന നമ്മളീ വായനയും അത് ആസ്വദിക്കാനുള്ള കഴിവിനെയാണ് സഹദയം തോന്നുന്നത് അത് നമ്മളത് മുഴുകുമ്പോൾ നമ്മളറിയാതെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് നമ്മളതിൽ ഒഴുകിപ്പോകും നമ്മളറിയാതെ തന്നെ എന്തുവരും അതിലൊരു സത്യത്വ ബുദ്ധി വരും അതാണ് സിനിമ കാണുമ്പോഴും സീരിയല് കാണുമ്പോഴും എല്ലാം വരുന്നത് ഭാവന നമ്മളോടും നമ്മളറിയും നമ്മുടെ മനസ്സില് സത്യത്വ ബുദ്ധിയൊക്കെ ഉണ്ട് അപ്പൊ ഭാവനയാണെങ്കിലും നമ്മൾ ഭാവനയെ അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് സത്യമാണ് എല്ലാ ഭാവനകളും എഴുതിയിരിക്കുന്ന മുഴുവൻ സ്വപ്നത്തെ കണ്ടിട്ട് എഴുതിയിരിക്കണം സ്വപ്നത്തിൽ എന്താണോ സംഭവിക്കുന്നത് അതെഴുതിയിരിക്കണം പക്ഷേ സ്വപ്നത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഈ ജാഗ്രത് പ്രപഞ്ചത്തിൽ ചേർത്തിരിക്കണം സ്വപ്നത്തിലെ എല്ലാ അനുഭവങ്ങളെയും എന്ത് ചെയ്തിരിക്കുന്നു ജാഗ്രത് പ്രപഞ്ചത്തോട് കവി കൂട്ടിച്ചേർത്തിരിക്കും അപ്പൊ നമുക്കെന്ത് വരും ഈ ജാഗ്രതത്തില് ഇരുന്നു കൊണ്ട് ഈ ഭാവനകൾ വർണ്ണനകൾ ആസ്വദിക്കുന്നു നോക്കേണ്ടതോന്നും ഈ പറയുന്നത് മുഴുവൻ സത്യമാണെന്നോന്നു തോന്നണം നമ്മളെ അങ്ങനെ തോന്നിപ്പിക്കണം അവിടെയൊരു കഴിവ് കവിയുടെ ആ ശേഷി നോക്കി കഴിവ് അപ്പൊ നമുക്ക് എന്ത് തോന്നുന്നു ഈ കാണുന്നതെല്ലാം കാണുന്നതെല്ലാം സ്വപ്നമാണെന്നോന്നു അത് നമ്മുടെ ബോധിപ്പിക്കുന്ന ആളിന്റെ ഒരു കഴിവും നമ്മുടെ ഉള്ളിലേക്കും ഒരു സഹൃദയല്ല അതും കൂടെ അപ്പൊ നിങ്ങൾക്കും തോന്നുന്നു ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എന്ത് തോന്നുന്നു ഇതൊക്കെ സ്വപ്നമാണ് അതാണ് മോഷകാലം കഴിഞ്ഞ സ്വപ്നമല്ല ജാഗ്രത തന്നെയാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം സ്വപ്നം പോലെയാണെന്ന് ഇതിനെ കാരണങ്ങളുണ്ട് ഇത് സ്വപ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കൊഴപ്പം വരുന്നത് എന്താ പ്രശ്നം ഇത് സ്വപ്നമായിട്ട് എന്താ പറഞ്ഞു എന്താ കൊഴപ്പം അങ്ങനെ അങ്ങനെ അതെ നിങ്ങള് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഇതൊന്നും കേൾക്കുന്നില്ല കഴിഞ്ഞ വിഷയം പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണ് വിജ്ഞാനവാദമായിപ്പോ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം മുഴുവൻ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത് വിജ്ഞാനവാദമാണ് സ്വീകരിക്കും ഇവിടെ പറയും ദീർഘസ്വപ്നം മാസത്തിൽ വരും അവിടെ വരുമ്പോ ഞാനും ചർച്ച ചെയ്യാം ദീർഘസ്വപ്നമാണ് അത് വരട്ടെ എപ്പൊ നമ്മള് നിക്കാം അപ്പൊ സ്വപ്നം എന്ന് പറഞ്ഞാൽ വിജ്ഞാനവാദമായി അപ്പോ വിജ്ഞാനവാദത്തിൽ നിന്നും ചെറിയൊരു ഒരു ശിഷ്ടി അതാണെങ്കിലും ഒരു കാലം മാറ്റിട്ടോ അത്രയേ ഉള്ളൂ മാറ്റി ചുട്ടിയ കാലം ഏതാണ് ഏത് കാലം മാറ്റിട്ടോ വിജ്ഞാനമായി പറയുന്നത് ചിത്രസ്പന്ധിതമേവീലും ഇത് സർവെന്താണ് ചിത്തസ്പന്ദനമാണ് ആ ചിത്രത്തിൽ അങ്ങനെ പറയുന്നത് വിജ്ഞാനസ്പന്ദനമാണ് ഇതെല്ലാം വിജ്ഞാനവാദം പക്ഷെ അതിനൊരു ചെറിയ മാറ്റം വരുത്തി എന്താണ് ചിത്രം നിർവിഷയം നിത്യം അതേത്വം തന്നെ നിർവിഷയമായി കഴിഞ്ഞാൽ ഇതായി നിത്യം എന്ന് പറഞ്ഞാൽ ഇതായി ഏ അത് ധർമ്മമായി കാരണം നിത്യത്തെ അവരംഗീകരിക്കില്ല വിജ്ഞാനവാദികൾ അംഗീകരിക്കില്ല അപ്പോൾ അതിലൊന്ന് ശകലം ഇങ്ങോട്ട് മാറുന്നു അവർ പറയുന്നത് പറയുന്നത് ചിത്തസ്പന്ദനമാണ് മനസിന്റെ സ്പന്ദനമൊന്നും വിജ്ഞാനസ്പന്ദനമെന്നോ എല്ലാം പറയാം പക്ഷെ എന്താണത് ആ ചിത്തം നിർവിഷയമായി കഴിഞ്ഞാൽ നിജസ്പന്ദനശൂന്യമായി കഴിഞ്ഞാൽ പിന്നെന്തായിരിക്കും നിത്യമായ ബ്രഹ്മമാണ് ചിത്തം തന്നെ വിരമം എന്ന് പറഞ്ഞാൽ അദ്വൈനമായി ഇതാരാണ് പറയുന്നത് പാണ്ഡവ്യകാരി മാണ്ഡു കാര്യം വിജ്ഞാനവാദത്തെ അദ്വൈതമായി പരിണമിക്കുന്നു അതിനാണ് അതുമായിട്ട് വിജ്ഞാനവാദത്തെ പരിണമിച്ചു എന്ന് പറയുന്നത് പൂർണ്ണമായും ഇത് ഭാഷയിലുള്ള മാറ്റങ്ങളേ ഉള്ളൂ വിജ്ഞാനവാദത്തിൽ തന്നെ അംഗീകരിക്കുന്നതാണ് ശൂന്യവാദം മാധ്യമങ്ങൾ ശൂന്യവാദത്തിൽ ശൂന്യത്തെ എങ്ങനെ നിർവചിക്കുന്നു അങ്ങനെ തന്നെയാണ് കോടപാതാചാര്യർ ബ്രഹ്മത്തെ നിർവചിക്കുന്നു അപ്പം പിന്നെന്താ അത് തന്നെയാണ് ബ്രഹ്മം ശൂന്യത്തെ നിർവചിക്കുന്നത് എങ്ങനെയാണ് നാഗാർജുന സസ്തല്ല സതസത്വം ഉഭയ വിലക്ഷണമല്ല ഗൗഢപാത നിർവചിക്കുന്നത് സത്തല്ല അസത്തല്ലേ ഉഭയ വിലക്ഷണെന്താ വ്യത്യാസം പേരിന് മാത്രേ വ്യത്യാസോ നാലാൻ ശൂന്യെന്ന് പറയുന്നു എന്ന് പറയുന്നു ബ്രഹ്മം നിത്യം അജം മനസ്സോ അവനീ ഭാവും ദൈവം മനസ്സിന്റെ അവനീ ഭാവം എന്ന് വെച്ചാൽ മനസ്സ് ലയിച്ചാൽ ദ്വൈതമില്ല ഏതുപോലെ ഭാഷകാരൻ പറയുന്ന സുഷൃത്തി എന്നാ പറയുകയും മനസ്സിലായി അവർ ദ്വൈതമില്ല അപ്പോ മനസ്സ് ലയിച്ചു കഴിഞ്ഞാൽ ദ്വൈതമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അദ്വൈതമാണെന്നൂടെ പറയും ഇതാണ് കണ്ടതിന്റെ വ്യത്യാസം അപ്പോ വിജ്ഞാനവാദത്തെ നിഷേധിക്കാൻ വേണ്ടിട്ടാണ് സ്വപ്നമെല്ലാം പറയുന്നത് സ്വപ്നമെല്ലാം പറയുന്നത് ആ സ്വപ്നമാണെന്നും ഭാഷകാർക്ക് അംഗീകരിക്കുന്ന ഒരു പ്രയാസം ചെയ്തത് അതാണ് ചിത്തസ്പന്ദനമേവെന്നു പറഞ്ഞപ്പോ അംഗീകരിച്ചു ഇതെല്ലാം ചിത്തസ്പന്ദനമാണെന്ന് പറയാം പക്ഷെ ആ ചിത്തം എന്തായിരിക്കണം ബ്രഹ്മമായിരിക്കണം ്രഹ്മം സ്പന്ദിക്കുന്നു ധ്രകാരമായി ബ്രഹ്മത്തിന് സ്പന്ദനം ഉണ്ടാവും ഉണ്ടാവും യഥാസത്തിന്വയാഭാസം പരാവള് പറഞ്ഞിട്ടുള്ളതാണ് മായയാസ്പന്ദതെ മനഃ തഥാ ജാഗ്രഭാസം മായ സ്പന്ദതയെ മന മായ കൊണ്ട് സ്പന്ദിക്കാം ൊണ്ടുള്ള മനഃസ്പന്ദനമാണ് അതിനാണവന്റെ ഇടയ്ക്ക് എന്ത് ചേർക്കുന്നത് മായ സ്പന്ദനമാണെന്നോ പരിണാമമാണോ എന്ത് വേണോ പറയാം അവിടെ എന്താണ് വിജ്ഞാനവാദികൾ പറഞ്ഞ അതേ കാര്യം എന്നാ പറയുന്നത് യഥാ സ്വപ്നേ ദയാഭാസ് സ്വപ്നത്തിൽ കാണുന്നഭാസ് അതേപോലെ മായയാ സ്പന്ദതേ മനഹ മായ കൊണ്ട് മനസ്സ് സ്പന്ദിക്കുന്നു വിജ്ഞാനവാദികൾ എന്താണോ ഇന്ന് അവിദ്യ കൊണ്ട് വിജ്ഞാനം സ്പന്ദിക്കുന്നു രണ്ടൊന്നു കഥ ജാഗ്രതയാവശ്യം അതുപോലെ തന്നെയാണ് ജാഗ്രത സംഭവം എന്താണ് മായ കൊണ്ട് സ്പന്ദനമാണ് ഈ പ്രപഞ്ചം ഇത് ഈ വിജ്ഞാനവാദവും ശൂന്യവാദവും കൂടെ കൂട്ടി കെട്ടിക്കഴിഞ്ഞാൽ എന്താവും അദ്വൈതവാദവും അദ്വൈതദയാഭാസം മനസ്വപ്നേന സംശയമാണ് അദ്വൈതദയാഭാസം തഥാ ജാഗ്രത സംശയം എന്താ കൂട്ടിച്ചേർന്ന അതാണ് സ്വപ്നത്തിൽ സംഭവിക്കുന്നത് അത് എന്തിന്റെ പ്രതീതി മനസ്സിന്റെ പ്രതീതിയാണ് കാരണമെന്താ അതാണ് ഒന്നും മായ അദ്വയമായ ബ്രഹ്മത്തിന്റെ അലമായ ബ്രഹ്മത്തിന്റെ എന്താണ് അദ്വയപ്രതീതിയാണ് സ്വപ്നം പിൽക്കാലത്ത് ഈ പറയുന്ന അദ്വൈനികളെന്ന് പറഞ്ഞ് നമ്മൾ പറയാനും ഒരുപാട് ആൾക്കാരുണ്ട് ആൾക്കാർ അന്ന് ഒരുപാട് പേരുണ്ട് ഒരുപാട് ആരും വരണം നൂറുകണക്കിന് പേരും അദ്വൈതികളായി അറിയപ്പെടുന്നവർ ഈ പറയുന്ന അദ്വൈതികളായി പറയുന്ന മുഴുവൻ പേരും എന്താണ് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ഈ പറയുന്നത് പോലെ ഇത് കാണാതെ പിടിച്ച് പറയുന്നവർ തന്നെയാണ് മനസ്സിലായി ഇത് കാണാൻ പഠിച്ചാൽ നമുക്കും പറയാമല്ലോ നമ്മൾ ഉപനത്തിലെ വ്യത്യാസം എന്താണ് എന്താണ് വ്യത്യാസം നിങ്ങൾ ആയാഷ്കാരൻ വിചാരിച്ചാൽ ഇത് കാണാൻ പഠിക്കാൻ പറ്റത്തില്ല പറയാമോ ഈ പറഞ്ഞത് ഞാൻ എത്രവണ്ണം ഈ പറഞ്ഞിട്ടുണ്ട് ചോദി ഇത് ഒരാൾ കാണാൻ പഠിച്ചു കഴിഞ്ഞാണ് ഞാൻ ആരായി ഏ ഞാനീ കുറഞ്ഞ സ്ഥാന കിട്ടുന്നത് മനസ്സിലായി ഭയങ്കര ഗ്രേഡാണ് ഇത് തന്നെ പറയാനാണ് പിന്നെ നിങ്ങൾ ഒരു ഒരാളെ ജ്ഞാനിന്ന് അംഗീകരിക്കണമെങ്കിൽ എന്ത് വേണം എന്തു വേണം പറയുമ്പം കേൾക്കുന്നവന് തോന്നണം ഇത് ഇയാൾ കണ്ടെത്തിയ ഇയാളിലിരിക്കുന്ന എന്തോ ഒരു സ്പെഷ്യൽ സാധനമാണെന്ന് തോന്നത്തക്ക രീതിയിൽ ആൾക്കാർ മുമ്പിൽ പറയണം അതിനെന്തുകൂടെ വേണം അല്പയങ്ങളിലേ മോഹൻലാൽ എനിക്ക് അത് വശമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ജാനിയായിട്ട് അംഗീകരിക്കുക ഇതാണ് പ്രശ്നം അതൊരൽപ്പം വശമായി കഴിഞ്ഞാൽ നിങ്ങൾ ഞാനും ഞാനിയാണ് പിന്നെ നിങ്ങളുടെ എടുത്തുകൊണ്ടുപോകുന്നു നിലത്തു കൊണ്ട് എടുത്തുകൊണ്ടുപോകുന്നു ഞാൻ നടന്ന കാര്യം ഒരൽപ്പം ഈ വൈദഗ്ധ്യം കൂടെ നേടിയാണ് കാരണം ഈ ഞാൻ പറയുന്നത് തമാശ പറയുന്നത് ഇന്ന് വരെ ആരൊക്കെ ഈ അദ്വൈതം പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാവരും പറയുന്നത് ഇതേ കാര്യത്തിൻ്റെ ടെറപ്പറ്റീഷനാണ് വേറെ ഒക്കെ പറയുന്ന രീതികളിലുള്ള വ്യത്യാസം മാത്രമേ അവർ വേറെ കാര്യം ഈ ലോണിന് പറഞ്ഞതി നിങ്ങൾ പറയും ഇത് പറയുന്നവർക്ക് എന്ന് പറയും അയാൾ ജ്ഞാനിയാണ് മറ്റേയാൾക്ക് അത്തരം ജ്ഞാന ഒരു ശകലം കൂടെ വരാണ് ഒരല്പം കൂടെ വന്നു കഴിഞ്ഞാൽ അയാൾ എന്താവും പൂർണ്ണ ജ്ഞാനിയാവും ഇങ്ങനെ നമ്മളുടെ വിലയിൽ തെരുകളിൽ വിലയിലുള്ള വ്യത്യാസം മാത്രമേ ഇത് തന്നെ പറയൂ ഇതാർക്കും പറയാം ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇത് ഗൂഢപാതാചിന്റെ സിദ്ധാന്തമാണ് അതാണ് നമ്മളെല്ലാവരും കണ്ടിട്ട് പറയും എന്താണ് ഈ ജാഗ്രതനെ നിങ്ങൾക്ക് സ്വപ്നമാക്കാനൊന്നും പറ്റത്തില്ല ജാഗ്രത എപ്പോഴും തന്നെയായിരിക്കും ജാഗ്രത തന്നെയായിരിക്കും സ്വപ്നം എപ്പോഴും സ്വപ്നം തന്നെയായിരുന്നു ശങ്കര ഭാഷകാരം പറയുന്നതാണ് മനസ്സിലായത് ഭാഷകാരൻ തീർക്കും പറയാണ് അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചോദ്യം ചോദിച്ചത് നിർത്തി ചോദ്യം ഞാനെന്തോ ചോദ്യം ചോദിച്ചത് അതല്ല ചോദിച്ചത് ഇവിടെ പല സ്ഥലങ്ങളുണ്ട് ആശ്രമത്തിന് അമ്പലമുണ്ട് ഡൈനിങ് ഹാളുണ്ട് ഇവിടെയെല്ലാം നിങ്ങള് എല്ലാ ദിവസവും പോകുമ്പം തലേ ദിവസം പോയ സ്ഥലത്ത് തന്നെ പോകുന്നു ഒരു സംശയം ഇവിടെ വരുമ്പോ മാത്ര പുതിയ സ്ഥലത്താ കയറോ ദിവസവും പുതിയ പുതിയ സ്ഥലത്തിനേ കയറും അത് ബാക്കിയുള്ളടത്തല്ല എന്താ അങ്ങനെയാകാത്ത െന്ന് ഞാൻ പറയും ഞാനിരുന്നു പറഞ്ഞു മനസ്സിലാത്തന്നെ അത് വീണ്ടും അത് കേൾപ്പിക്കണം ഞാൻ അവസാനം പറഞ്ഞു വാചകം എന്റെ മനസ്സിലുണ്ട് മനസ്സിലായത് എന്റെ മനസ്സിലുണ്ട് പിന്നെ ആണോ അത് മനസ്സിലാകുന്നത് ഈ മസാലയെന്നും പോരെന്നാ ഞാൻ പറ ഓർമ്മയേണ്ട സ്മൃതി എന്ന് പറയുന്നത് ചെറുതായി പറഞ്ഞു സ്വപ്നത്തെ സ്മൃതി എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ച് ഞാൻ ചോദിച്ചത് ആ വിഷയത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് മിഥ്യയെ കുറിച്ച് തൊട്ട് നമ്മൾ അവസാനം പറഞ്ഞല്ല മിഥ്യ എന്ന് പറഞ്ഞാൽ സ്വപ്നമൊക്കെ എന്തുകൊണ്ട് പറയുന്നു അത് മിഥിയാണ് അതൊക്കെ അതിന് മുമ്പ് പറഞ്ഞ കാര്യമാണ് അവസാനം പറയുന്നത് എന്ന് പറയുന്നത് സ്വപ്നം സ്മൃതിയാണ് ജാഗ്രത സ്മൃതി അല്ല സ്വപ്നം എങ്ങനെയാണ് സ്മൃതിയാകുന്നു കാരണം സ്വപ്നത്തെ നമുക്ക് എപ്പോഴും സ്മരിക്കാനേ ഇവിടെ ജാഗ്രത നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതൊക്കെ എപ്പോഴാണ് ജാഗ്രതയിലാണ് സ്വപ്നത്തിലല്ല സ്വപ്നത്തിലാണ് ചർച്ച ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാവും നമ്മൾ സ്വപ്നത്തിൽ ചർച്ച ചെയ്തു എന്നുള്ള സ്മൃതി ഉണ്ടാവും നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ അറിയും കഴിഞ്ഞ ജാഗ്രതത്തിലാണ് ചർച്ച ചെയ്ത സ്മൃതി ഉണ്ടാവും സ്വപ്നം ജാഗ്രത വ്യത്യാസം മനസ്സിലാക്കാം ഇതേപായി സ്വപ്നത്തിൽ സംഭവിക്കാം എനിക്ക് സംഭവിക്കാം ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നു പല കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്തു അത് സ്വാഭാവികമാണ് നിരന്തരം വല്ലപ്പോഴും ഞാൻ ജാഗ്രത ചിന്തിക്കുന്നതിന്റെ ബാക്കി സ്വപ്നത്തിൽ ചിന്തിച്ചിട്ടുണ്ട് അതല്ല എന്റെ ബാക്കി പോലെ ചിലപ്പോൾ വ്യാഗ്രഹത്തിൽ ചിന്തിച്ച ഉത്തരം കിട്ടാത്ത കാര്യങ്ങൾ സ്വപ്നത്തിന് ഉത്തരം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഉണരും നടന്നു അപ്പൊ ഞാൻ വളരെ നിരാശനവും എന്തായിരുന്നു ഞാൻ കണ്ടെത്തിയത് ഇത് എന്റെ ജീവിതത്തിൽ അപൂർവമായിട്ട് സംഭവിക്കുന്നു പക്ഷെ എന്തൊക്കെ ചർച്ച ചെയ്താലും ശരി ഞാൻ ഉണരും അത് സ്വപ്നമായിരുന്നു ഈ ഒരു വ്യത്യാസമുണ്ട് നമുക്ക് എപ്പോഴും സ്വപ്നത്തെ നമുക്ക് ജാഗ്രത സ്മരിക്കാനേ വരും അതാണ് ജാഗ്രത സ്വപ്നം വ്യത്യാസത്തിൽ പ്രധാനമായിരുന്നു അതുകൊണ്ട് നിങ്ങൾ എപ്പോ ക്ലാസ്സുകളെ കുറിച്ച് ചിന്തിച്ചാൽ ശരി നിങ്ങൾ ചിന്തിക്കുന്ന എങ്ങനെ ഇത് കഴിഞ്ഞ ജാഗ്രതയിൽ സംഭവിച്ച ക്ലാസ്സിന്റെ സ്മരണയാണ് സ്വപ്നത്തെ സംബന്ധിച്ച് ഒരിക്കലും അങ്ങനെ വരത്തില്ല അപ്പോൾ ജാഗ്രത നമ്മൾ ജാഗ്രത സ്വീകരിക്കുന്നത് കൊണ്ടും സ്വപ്നത്തെ നമ്മൾ സ്വപ്നമായി സ്ഥിരിക്കുന്നതുകൊണ്ട് എന്തുകൊണ്ട് ജാഗ്രത സ്വപ്നവും തികച്ചും ഭിന്നമാണ് ഭി ചെയ്യാ ജാഗ്രതത്തിന് നിങ്ങൾക്ക് ഭാവനയെ സ്വപ്നമാക്കാൻ പറ്റില്ല ഭാവനയിലേക്ക് മാറത്തില്ല എന്തുകൊണ്ട് ഭാവനയ്ക്കുള്ള ശേഷി ഭാവന കൊണ്ട് പരമാവധി സാധിക്കുന്ന എന്താണോ നിങ്ങൾക്ക് ഈ ജാഗ്രതത്തിൽ പലതും കൂട്ടിച്ചേർക്കാൻ പറ്റും ആരെ പോലെ കാളിദാസ പോലെ അനാഗങ്ങൾ നമ്മളീ ജാഗ്രത അനുഭവങ്ങളോടെ നമ്മൾ എന്ത് ചെയ്യുന്നു പലതും കൂട്ടിച്ചേർത്താൻ പറ്റും പക്ഷെ ഈ ജാഗ്രത അനുഭവത്തെ നമുക്ക് ഭാവന രീതി സ്വപ്നമാക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളെപ്പോഴും ജാഗ്രത തന്നെയാണ് ഇത് സ്വപ്നമാണെന്ന് ഭാവന ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ല പ്രയോജനമില്ലെന്ന് വെച്ചാൽ ഇതിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നു അതിനുവേണ്ടിയല്ല ഈ കാര്യം പറയും പിന്നെ സ്വപ്നം പോലെ എന്നുള്ളതൊരു അറിവാണ് അറിവെന്തിനു വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞു അതെന്തിനു വേണ്ടിയിട്ടാണ് അസത്യവും അതെന്താണ് നമ്മൾ ജാഗ്രതയ്ക്കായി അനുഭവിക്കുന്ന ഈ പ്രപഞ്ചത്തിലുള്ള അസത്യത്വ ബുദ്ധിയാണ് അത് സംഗതി വേറെയാണ് നമ്മുടെ അറിവ് ഭാവന ചിന്ത സ്മൃതി ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പരമാവധി നേരിട്ട് അതിന് സ്വാധീനം ചെലുത്താൻ പറ്റുന്നതും നമ്മുടെ ശരീരത്തിലാണ് പരമാവധി നേരിട്ടുള്ള സ്വാധീനം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇപ്പൊ എന്റെ ഉള്ളിൽ ഭയം ഉണ്ടായി പിന്നെ എൻ്റെ ശരീരം ഒന്ന് മറക്കും എന്ത് ചെയ്യുന്നു ഭയം എന്ന് പറയുന്ന ഒരു ചിത്ര വികാരമാണ് ശരീരത്തെ സ്വാധീനം പക്ഷെ എന്റെ ഉള്ളിൽ ഭയമുണ്ടായി എന്റെ ശരീരം നിറയ്ക്കുന്നതുമാണ് എന്റെ ഉള്ളിലുണ്ടാകുന്ന ഭയത്തിൽ നിങ്ങളെ നേരിട്ട് സ്വാധീനിക്കാൻ പറ്റില്ല നിങ്ങളുടെ ശരീരത്തിനത് വേറെ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോ നമ്മുടെ ഒരിക്കലും ബാക്കിയുമായ വസ്തുക്കളെ നേരിട്ട് സ്വാധീനിക്കാൻ പറ്റും പക്ഷെ ചിന്തകൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ചുറ്റുപാടുകളെ മാറ്റിമറിക്കുന്നു എന്ന് പറയുന്ന യാതർത്ഥത്തിൽ ആ നമ്മുടെ ചിന്തകളിൽ നിന്ന് ധർമ്മങ്ങളുണ്ടാകും ഞാൻ ചിന്തിക്കുന്നു പാത്രം ഉണ്ടാവും ഞാൻ പ്രവർത്തിക്കുന്നു പാത്രം ഉണ്ടാവും നേരിട്ടല്ല ചിന്ത പ്രവൃത്തിയിലൂടെ പ്രപഞ്ചത്തെല്ലാം മാറ്റിമറിക്കുന്നു അങ്ങനെയുള്ള മനുഷ്യന് ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും ഈ പ്രകൃതി ആകാശവും ഭൂമിയും എല്ലാം അതിന്റെ കീഴിൽ കൊണ്ടുവരുന്നതിനാണ് ചിന്ത പ്രവൃത്തിയായി മാറുമ്പോഴാണ് അല്ലാതെ നമ്മൾ ചിന്തിച്ചെന്ന് വിചാരിച്ച ഈ പ്രപഞ്ചം എന്താണ് ഒരിക്കലും നമുക്ക് സ്വപ്നമായി അനുഭവിക്കാൻ പറ്റും അപ്പൊ ഇത് സ്വപ്നമാണെന്ന് ഭാവന ചെയ്യുക അതിന് വേശിക്കുക സംഭവിക്കാൻ പറ്റും പിന്നെ എന്താണ് നിങ്ങൾ ബലാൽ മനസ്സിലെന്തെങ്കിലും ഭാവനകളെ ശക്തമായി നിലനിർത്താൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ബ്രെയിനിനെ അത് ബാധിക്കും ബ്രെയിനിനെ ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോധത്തെ അത് ബാധിക്കും അത് ചിലപ്പോൾ നിങ്ങൾക്ക് പല ഇബ്രാമികളായോ സത്യികളായോ ഒക്കെ അനുഭവിക്കും നിങ്ങൾക്ക് മാത്രമല്ല മറ്റൊരാൾക്ക് ചിന്ത കൊണ്ട് ഈ ജാഗ്രത ആർക്ക് സ്വപ്നമാക്കാൻ കഴിയുന്നു പറയുന്നു അപ്പോ മായ കൊണ്ട് ബ്രഹ്മം ജാഗ്രതയും സ്വപ്നമായും മാറുന്നു എന്നാണ് പറയുന്നതെന്ന് ചെറുക്കം പാണ്ഡു ഇവിടെ അങ്ങനെ തന്നെ പറയുന്നത് ചിത്തം നിർവിഷയം നിത്യം എന്ന് പറയുന്നത് ഈ ചിത്തം തന്നെ സംശയമാകുന്ന എന്തോ എങ്ങനെ മായമുണ്ട് ആ മായ ഇല്ലാതിരുന്നാൽ പിന്നെ വിഷയമില്ല വിഷയമില്ല ഈ മായയില്ല വിഷയമില്ല പിന്നെ ചിത്തമില്ല പിന്നെ എന്താണുള്ളത് ബ്രഹ്മൈ അദ്വൈത സിദ്ധാന്തം നിങ്ങൾ അദ്വൈത അപ്പൊ അതിനെ നമ്മൾ എന്താണ് ഒരു ബാലൻസിൽ മനസ്സിലാകുന്നത് നല്ലതാണ് ഏത് സിദ്ധാന്തങ്ങളായാലും ഒന്നും എന്താണ് കിറുക്ക് പോലെ തലയിൽ പിടിക്കുന്നു ടിക്കാകുന്നു ഏതാശയത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്നത് നല്ലതാണ് മനസ്സിലാക്കുന്ന നല്ലതാണ് പക്ഷെ ഒന്നും തലയ്ക്ക് പിടിക്കാൻ പാടില്ല പ്രത്യേകിച്ച് തലക്ക് പിടിച്ച പ്രശ്നവും അങ്ങനെയ അവധൂതന്മാരെ കൊടുക്കണം കുറച്ചുകാലും ചിന്തിച്ച് ചിന്തിച്ചെന്തെയും ഓരോ പിരിയായിട്ട് ന്യൂസാ വന്നത് അപ്പൊ പിന്നെ നിങ്ങളെ ഒരു സാമാന്യ മനുഷ്യല്ല പിന്നെ ആരായി തീരുന്നത് ഞാനേ അവധൂതനും ഞാനിപ്പോ അവധൂതനായി കഴിഞ്ഞാൽ എനിക്ക് നല്ല മാർഗറ്റാണ് കാരണം നിങ്ങളുടെ എല്ലാവരും സമ്മതിക്കുന്ന കാര്യം കൊണ്ട് എനിക്കിതൊക്കെ അറിയാവുന്നു സംസ്കൃതം അറിയാവുന്നു ഇതൊക്കെ വേഗാനിക്കറിയാവും ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് വേണ്ടത് എന്നെ സംബന്ധിച്ച് അവഹോധന അപ്പോ എനിക്ക് കുറച്ചുകൂടി എന്റെ മാർക്കറ്റിംഗും കുറച്ചുകൂടി മെച്ചപ്പെടും ഞാൻ സ്വയം തന്നെ പക്ഷെ അങ്ങനെ ആവണമെങ്കിൽ എന്ത് വേണം ഒന്നെങ്കിലും പേര് ലൂസാവ അത് ലൂസാവണമെങ്കിൽ എന്ത് വേണം ഇത് തലയ്ക്ക് പിടിക്കും അല്ലാത്തിടത്തോളം കാല ഞാനെന്തായിരിക്കും നോർമലായിരിക്കും ഞാൻ നോർമലായിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഒരു മൈഡിൽ നടത്തില്ല എനിക്കത് നഷ്ടമുണ്ട് സാരന്റെ ഇങ്ങനെ പോട്ടെ ഇതൊക്കെ എന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇത് ഞാൻ പറയുന്ന ഭാഷകാരന്റെ കാഴ്ച പോടാ ഭാഷകാരുന്നു അംഗീകരിക്കുന്നില്ല ഇത്തരം വേഷപ്പകർച്ചകളെയും ഭാഷകാരം അംഗീകരിക്കുകയല്ല അതിനൊക്കെ വേഷപ്പകർച്ചകളൊന്നും ഭാഷ്യകാരം എനിക്ക് തുടങ്ങി ഞാൻ ഭാഷ്യകാരന്റെ ആശയത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഭാഷകാരൻ പരമാവധി പറയുന്ന എന്താണ് പരമാവധി നിങ്ങളുടെ ജീവിതത്തിലെ ഡിസിപ്ലിനാണ് ഇത്രേ പറയുന്നു വേറെ ഒന്നും ആവശ്യപ്പെടുന്നു അങ്ങനെ തോന്നി ഉണ്ടെങ്കിൽ പറ്റുമോ അതി കവിഞ്ഞുള്ള ഭാവ പകർച്ചയാണെന്നും ഭാഷയാരും പറയും അതാണ് ഞാൻ പറയുന്നത് അതിനുള്ള അവതോധനായിട്ടുള്ള കാര്യങ്ങളും സാധാരണ മനുഷ്യനായിട്ടുള്ള സാധാരണ മനുഷ്യനോട് സഹവസിച്ചാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇവിടെ പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യം ഈ ആശയങ്ങൾ മുഴുവൻ വരുന്നത് സ്വപ്നാനുഭവത്തെ ദാർശനികമായി ചേർന്ന് സ്വപ്നാനുഭവത്തെക്കുറിച്ചുള്ള തത്വചിന്ത അതാണ് ഇവിടെ ഇവിടെ തത്വചിന്ത എന്ന് പറഞ്ഞാൽ ശരിക്കും അത് പശ്ചാത്യമാണ് ഫിലോസഫി എന്ന് പറയുന്നത് ഇവിടെ അതല്ല ഇവിടെ ദർശനമാണ് എന്നാലും നമ്മൾ പറയുമ്പോൾ തത്വം ചിന്താ തത്വം ചിന്താണോ അവിടെ ദർശനമാണ് ദർശനം കഴിഞ്ഞാൽ ഓരോരുത്തരുടെ കാഴ്ചപ്പാണ് കണാതിന്റെ ദർശനം ഗൗതമ്പന്റെ ദർശനം അതാണ് ഇങ്ങനെ ദർശനം ഫിലോസഫി എന്ന് പറയുമ്പോൾ അതിനകത്ത് പല വിഷയങ്ങളും വരുന്നു ഒന്നാമത് മാത്തമെറ്റിക്സ് വരും ലോജിക്ക് വരും അങ്ങനെ പല കാര്യങ്ങളുണ്ടാക്കി വരും അതൊന്നുമില്ലാതെ നമുക്ക് ഫിലോസഫി ശരിക്കും മനസ്സിലാക്കാൻ പറ്റില്ല അവിടെ സയൻസുമുണ്ട് ഫിസിക്സിനുണ്ട് ഫിലോസഫി ജെമിസ്ട്രിക്കുണ്ട് ഫിലോസഫി ആർട്ടിനുണ്ട് മ്യൂസിക്കിനുണ്ട് എല്ലാത്തിനും അതാണ് ഫിലോസഫിയുടെ പ്രത്യേകത ഇവിടെ ദർശനമെന്ന് പറയുന്നത് അങ്ങനെ ഇവിടുത്തെ നമ്മുടെ ദർശനങ്ങളെല്ലാം ഈ ഭൗതികവും എന്താണ് അതിഭൗതികവുമായ വിഷയങ്ങൾ ഭൗതികത്തിൽ നിന്ന് അതിഭൗതികവുമായ വിഷയങ്ങൾ ഉണ്ടോ ഇല്ലയോ ഇത്തരം കാര്യങ്ങളാണ് ചർച്ച ഉണ്ടെന്ന് പറഞ്ഞാലും ദർശനത്തിൽ ഇല്ലെന്ന് പറഞ്ഞാലും ദർശനത്തിൽ പക്ഷെ ഭൗതികത്തിൽ നിന്ന് പോകുന്നതാണ് മെറ്റാഫിസിക്സ് ഓട്ടോമെറ്റാസ് മാത്രമാണ് കാരണം കൂടെ ഇപ്പൊ ചാർവാകൻ ചാർവാകൻ ദാർശനികനാണ് ചാർവാകൻ അന്വേഷിച്ചിട്ട് എന്താ പറയുന്നത് അങ്ങനെ ഒരു ആത്മാവുമില്ല പരലോകമില്ല ഈശ്വരൻ ഇല്ല അതും ദർശനമാണ് അതാണ് ദർശന കാഴ്ചപ്പാടെന്ന് പറയും മീമാംസെന്ന് പറയും ദർശനമാണ് അവര് ചിന്തിക്കുന്ന പോലെ സർഗത്തെ കുറിച്ചും വൈദികമായ ഓർമ്മത്തെ കുറിച്ചും അതനുഭവിക്കുന്നവന് ഭർത്താവിനെ കുറിച്ചൊക്കെയാണ് അവർ ഈശ്വരനെ അംഗീകരിക്കുന്നില്ല എന്നാലും ദർശനമാണോ ഇതെല്ലാം അവിടെ ദർശനങ്ങളാണ് അവിടെ ഒരിക്കലും എന്താണോ ഈ പറയുന്ന മാത്തമെറ്റിക്സ് ഒന്നും കിടന്നു വരെ ആലോചിക്കുന്നതിന് വളരെ വിശാലമായൊരു സബ്ജക്റ്റാണ് പാശ്ചാത്യം രൂപപ്പെടുത്തുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോ ഒരു ഉദാഹരണം പോലെയാണ് ഇപ്പൊ ബോംബ് അത് കണ്ടുപിടിക്കുന്നതില സയൻസാണ് അത് ന്യൂക്ലിയർ ഫിസിക്സ് അവിടെയാണ് ആറ്റംബോപ്പിന്റെ തിയറി ഉണ്ടാക്കുന്നത് അതിൻ്റെ അതിനെ ആറ്റം ബോപ്പ് ആക്കി മാറ്റുന്നത് എല്ലാം പക്ഷെ ആ സയൻസിനെ സംബന്ധിച്ചൊരു ഫിലോസഫി ഉണ്ട് എന്താണ് ആ ഫിലോസഫി ചർച്ച ചെയ്യുന്നത് ഈ ശാസ്ത്രം ഇത് കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കണമോ അതുകൊണ്ട് ആയുധങ്ങളുടെ ബിസിനസ് നടത്തണമോ അതുകൊണ്ട് മനുഷ്യരെ കൊല്ലണമോ അത് മനുഷ്യന് ഏതെല്ലാം തരത്തിലുള്ള ദോഷങ്ങളുണ്ടാക്കും എന്തൊക്കെ ഗുണം ഉണ്ടാക്കും ഇത്തരം കാര്യങ്ങളൊക്കെ കുറിച്ച് ചിന്തിക്കുന്നതാണെന്ത് ആ സയൻസിന്റെ ബ്രദോസ് സയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രഹ്മത്തെ പോലെ നിർഗുണമാണ് കാരണം അതിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിരീക്ഷണങ്ങൾ അതിൻ്റെ എത്തിച്ചേരുന്ന നിഗമനങ്ങൾ അതിന്റെ ശരി തെറ്റുകളെ കുറിച്ച് അത് ചിന്തിക്കത്തില്ല അതിന്റെ ഗുണദോഷങ്ങളെ കുറിച്ച് അത് ചിന്തിക്കത്തില്ല അതെന്താണ് നിർഗുണമാണ് ഇന്നതാണ് അതിന്റെ തിയറി ഇതിന്റെ പ്രാക്ടിക്കൽ ഇന്നതായി ഇതാണ് ഇതിന്റെ തിയറി ഇതിന്റെ ആപ്ലിക്കേഷൻ ഇന്നതാണ് ഒബ്ജക്റ്റീവ് ഒന്നുള്ളതല്ല അത് വേറെ രീതി പറഞ്ഞാൽ എന്താണോ സയൻസിന് മൊറാലിറ്റി ഫിലോസഫി വരുമ്പോൾ എന്ത് വരുന്നാലും മൊറാലിറ്റി അതേ സയൻസിന്റെ തന്നെ മൊറാലിറ്റി അതാണ് സയൻസിന്റെ ഫിലോസഫി അത് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് സയൻസിൽ വരുന്ന കാര്യമില്ല സയൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആറ്റംബോമിന്റെ തീരെ മനസ്സിലാക്കുക അതിന് പരീക്ഷണം നടത്തുക ആറ്റംബോം ഉണ്ടാക്കുക ഇത്രയേ ഉള്ളൂ അത് പ്രയോഗിക്കണോ വേണ്ടെന്നുള്ള അത് അതിന്റെ മൊറാലിറ്റിയാണ് അത് അതിന്റെ ഫിലോസഫിയാണ് എന്ന് ചുരുങ്ങി പറയാം അപ്പൊ മനസ്സിലായോ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ ഏ െനിക്കും മനസ്സിലായിത്ത ഈ പറയുന്ന എന്താണെന്ന് എനിക്കും മനസ്സിലായി എന്താണ് ഈ പറയുന്നത് വിശദീകരിക്കുക നമ്മൾ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ പറയുന്നത് അതുകൊണ്ട് സാധാരണ പറയുന്ന വിടുക എന്താണ് ഫിലോസഫി എന്താണ് ഫിലോസഫർ എന്നുള്ളത് മനസ്സിലാക്കി പറയുക ഞാനത് മനസ്സിലാക്കി പറയുന്നതാണ് സാധാരണ പറയുന്നതായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പറയുന്ന കാര്യമാണ് ഞാൻ പറയും നമ്മൾ കേട്ടതെന്ന് ചോദിച്ചാൽ നമ്മളറിയണമെന്നുണ്ടോ നമ്മൾ ആക്ടറെ കേട്ടിട്ടുണ്ട് നമ്മൾ ആക്ടിങ് അറിയില്ല കേട്ടെന്ന് വിചാരിച്ചു നമ്മൾ അറിയണമെന്നുണ്ടോ ഇല്ല അതറിയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇത് കേട്ടിട്ടേ ഉള്ളൂ അപ്പൊ കേട്ട് ഇനി അറിയുന്ന ഭാഗത്തേക്ക് ഒന്ന് മാറണം ചെറിയ ഷിഫ്റ്റിങ് ആവശ്യമാണ് അപ്പോ ഫിലോസഫി എന്ന് പറയുന്നത് എന്താണ് വിപുലമായ അർത്ഥത്തില പ്രയോഗിക്കുക നമ്മളിവിടെ പറയുന്ന പോലെ ദർശനം എന്നുള്ള അർത്ഥത്തില അതിന് കൃത്യമായി എന്തെങ്കിലും മലയാളം നോക്കുണ്ടോ എന്ന് എനിക്കറിയിട്ട് പൊതുവെ ആൾക്കാർ പറയുന്നത് തത്വശാസ്ത്രം എന്നാണ് പക്ഷെ തത്വശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് തത്വശാസ്ത്രം നിങ്ങൾ കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഫിലോസഫീന്ന് മനസ്സിലാക്കും അത്ര ഫിലോസഫി കേട്ടുകഴിഞ്ഞാൽ എന്റെ വിപുലമായ അർത്ഥത്തിൽ മനസ്സിലാക്കാം മനസ്സിലാക്കാം പലതരത്തിലുണ്ടെന്നാണ് ഈ പറയുന്നത് പലതരത്തിലും കാരണം പാശ്ചാത്യ ഫിലോസഫേഴ്സും നമ്മൾ അറിയപ്പെടുന്ന പലരും അവര് സയന്റിസ്റ്റ് കൂടിയാണ് ഇതൊക്കെ ആർത്ഥം സയന്റിസ്റ്റാണ് ഫിലോസഫറാണ് സയന്റിസ്റ്റാണ് ഫിലോസഫറാണ് അങ്ങനെ അല്ലാത്തവരുമായി കേവലം മിക്കവാറും പേര് സയന്റിസ്റ്റുകളും കൂടിയാണ് അപ്പോ അവരുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം നമ്മുടെ ഫിലോസഫിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സയൻസ് എന്ന് പറയുന്ന നമ്മുടെ ഫിലോസഫി എന്ന് പറയുന്നത് തൊണ്ണൂറ്റി എട്ട് ശതമാനം എവിടെയാണ് ഭാവനിച്ചോകത്തിന് അലോകണമെങ്കിൽ തത്വചിന്ത എന്നൊക്കെ പറയാം മറ്റങ്ങനെയല്ല എന്നുവെച്ചാൽ ഗ്രീക്ക് ഫിലോസഫേഴ്സ് എന്താണ് അരിസ്റ്റോട്ടില് പ്ലേറ്റോ ഇങ്ങനെയൊക്കെ ആൾക്കാർ പോലും അവര് അവരുടെ അന്നത്തെ കാലത്തിനനുസരിച്ചുള്ള ആ ഭൗതികമായ അടിത്തറയിലാണ് അവരുടെ ചിന്തകളെല്ലാം ഉണ്ടാക്കുന്നത് നമ്മുടെ തത്വചിന്ത എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴും നമ്മൾ ആണയെന്ന് പറയുന്നതെന്നാണ് നമ്മളെല്ലാം ആത്മീയ അടിത്തറയിൽ അങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമ്മള് ആത്മീയ അടിത്തറയിൽ അഭിമാനിക്കുന്നു ഇനി നമ്മൾ ഭൗതികമായ ഒരു അടിത്തറയിൽ തുടങ്ങിയാലും നമ്മൾ വളരെ പെട്ടെന്ന് അതിനെ സ്കിപ്പ് ചെയ്ത് എവിടേക്ക് പോകും ആത്മീയതയിലേക്ക് പോകും അതുകൊണ്ടാണ് നമ്മുടെ ചർവാക ദർശനം ഒഴികെ അതിലും ഉണ്ടില്ല എന്ന് പറഞ്ഞു എല്ലാ ദർശനങ്ങളും എന്താണ് നിങ്ങളുടെ ദർശനത്തിന്റെ ലക്ഷ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തു പറയും മോക്ഷം ഫിസിക്സിന്റെ ഫിലോസഫി എന്ന് പറയുമ്പോൾ അവിടെ മോക്ഷം അങ്ങനെ അങ്ങനെ ഒരുപാട് വ്യത്യാസം അതായത് ഒരുപോലെയല്ല പോകും പിന്നെ അവിടെ ഒരു നല്ല ഫിലോസഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമെറ്റിക്സ് അറിഞ്ഞിരിക്കണം നിർബന്ധം ലോജിക് എന്ന് പറയുന്നത് അവരുടെ അതറിഞ്ഞിരിക്കണം ഒരു പരിധിവരെ നല്ല അവര് സംസാരിക്കുന്നത് മാത്തമെറ്റിക്സിന്റെ ഭാഷയിലും ലോജിക്കിന്റെ ഭാഷയിലോ നമുക്ക് അവരോട് സംസാരിക്കാനേ പറ്റത്തില്ല നമ്മുടെ ഫിലോസഫിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉപയോഗിക്കുന്നത് ലോജിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് തർക്കം അതല്ല അവരുടെ ലോജിക്ക് നമ്മൾ തർക്കം ഉപയോഗിക്കും പക്ഷെ ഇവിടെ ഈ മാത്തമറ്റിക്സ് ഇവിടെ മാത്തമറ്റീഷ്യന്മാരൊക്കെ ഒരുപാട് പേര് നമ്മുടെ ദർശനങ്ങളിൽ ഒരിക്കലും ആ സാധനം കടന്നു നമ്മുടെ ദർശനങ്ങള് സയൻസ് എന്ന് പറഞ്ഞാൽ ഈ എന്താണ് ഇന്ന് നമ്മൾ പറയുന്ന ഭൗതിക ശാസ്ത്രമാണ് തീരെയില്ല പക്ഷെ ഇവിടുത്തെ ഒരു ചെറിയ ഭൗതിക ശാസ്ത്രം ഉണ്ടായിരുന്നു കണാകന്യം ഗോതമന്യയും ഒക്കെ ഒരു എന്താണ് ഒരു ഭൗതിക വസ്തുക്കളെ കുറിച്ച് ചിന്തിച്ചിട്ടും അതിന്റെ പ്രാഥമികമായൊരു രൂപമുണ്ട് പ്രാധീനം യതുകൊണ്ടും കൂടെയാണ് പക്ഷെ അവിടെ അങ്ങനെ അങ്ങനെ വ്യത്യാസങ്ങളും ഒരു രീതിയിലല്ല ചെയ്ത് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് നമ്മുടെ ഈ ദർശനം അന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് ഷഡ് ദർശനങ്ങൾ ആസ്തിക ദർശനം ഇത്ര നാസ്തിക ദർശനം ഇതിനെ കുറിച്ച് നിരന്തരം ഇതേ കാര്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സോ അവിടെയുണ്ടെങ്കിലോ ആയിരക്കണെങ്കിലും ദാർശനികന്മാരെ ഫിലോസഫേഴ്സാണ് അവര് ഒന്നിനെ വ്യാഖ്യാനിക്കുന്നവരല്ല നമ്മളെന്തെയും തർക്കത്തെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് തലമുറകളായി അതിനെ തന്നെ വ്യഖ്യാനിക്കുകയാണ് അവിടെ അങ്ങനെയല്ല പുതിയത് പുതിയത് അവര് കണ്ടെത്തുകയാണ് കണ്ടെത്തുന്നു പുതിയത് അവര് കണ്ടെത്തുകയാണ് സയൻസ് വികസിക്കുന്നതനുസരിച്ച് അതിന് തുല്യമായി അവിടെയെന്നാണോ ബിനോസ് മുകളിലെ പുതിയ പുതിയ ആശങ്ക കൊടുക്കണം തത്വചിന്തകന്മാരുണ്ടാവും ന്യൂറോ സയൻസ് ഒരുപാട് വികസിച്ചു എത്ര ഫിലോസഫേഴ്സ് അവിടെയുള്ളത് ന്യൂറോ സയൻസിനെ ആശ്രയിച്ച് അത്ര ഫിലോസഫേഴ്സ് ഉണ്ടായി നൂറോണത്തിന് പേരുള്ളൂ നമ്മളിവിടെ നമ്മളെന്ത് ചെയ്യുന്നു പണ്ടൊങ്ങാണ്ട് എഴുതിയൊരു തർക്കം അതിനെ തന്നെ നമ്മള് എത്ര കാലമായി നൂറ്റാണ്ടുകളായി ഒരു പത്തിരണ്ടായിരം വർഷമായിരുന്നു അത് തന്നെ നമ്മൾ അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാലും അത് തന്നെ നമുക്ക് നിർബന്ധമാണ് എന്താണോ ട്രഡീഷണൽ അതുകൊണ്ട് മുറിഞ്ഞു പോകാൻ പാടില്ല നമ്മൾ സ്വയം തന്നെ നമ്മളെന്ത് ചെയ്യുന്നു ഭൂതകാലത്തിൽ ബന്ധിക്കുന്നു ഇതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ സ്വയം നമ്മളെ കെട്ടിയിടുന്നു ഭൂതകാലങ്ങളിലേക്ക് ഈ സംശയം ചോദിച്ച് ചോദിക്കാൻ ഞാനൊരു സംശയം ചോദിച്ചിട്ട് അങ്ങനെ അത് പെർമിഷൻ വാങ്ങേണ്ട കാര്യമില്ല സംശയം അങ്ങ് ധൈര്യമായിട്ട് ചോദിക്കാം എനിക്കതിൽ ഒരു അതൃപ്തിയുള്ള കാര്യമുണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞ ഇപ്പോ ആറ്റമിക് ഫിസിക്സിനും അവർക്ക് ഫിലോസഫി ഉണ്ട് അവിടെ മോക്ഷം കൊല്ലം പറയുന്നുണ്ട് അപ്പൊ ഒരു താൻ പറഞ്ഞാൽ വിദ്യാഭ്യാസം എജ്യൂക്കേഷൻ അതിന് ഫിലോസഫി ഉണ്ട് അതെന്താ മോക്ഷം വിദ്യാഭ്യാസത്തിന്റെ ഫിലോസഫി ഒരുപാട് ആൾക്കാരുണ്ട് പലതാണ് ആ ഫിലോസഫി ഒരാളെ അപ്പൊ അത് ആ അതിന് അവിടെ മോക്ഷമൊന്നുമില്ല അവര് കൂടുതലും ചിന്തിക്കുന്നത് എന്താണ് മനുഷ്യന്റെ നന്മ മനുഷ്യ സമൂഹത്തിന്റെ ധാർമ്മികത ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ചിന്തി ഈ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ പറയുന്ന മതങ്ങളാണ് ത്യന്തിക ലക്ഷാ സ്വർഗത്ത് പോകുന്നു മനസ്സിലായി ഈ രണ്ട് പ്രധാന മതങ്ങൾ അല്ലെങ്കിൽ മൂന്നെണ്ണം അവർക്കുണ്ട് ദർശനം അതുണ്ട് അതും ഇതുപോലെ തന്നെ ഭൂതകാലത്തിൽ ബന്ധിച്ചിരിക്കുന്ന ദർശനങ്ങളാണ് പക്ഷെ സ്വർഗത്ത് പോകാൻ എന്നുള്ളതാണ് നമ്മളിവിടെ എന്താണ് കേവലം സ്വർഗത്തിൽ തൃപ്തിപ്പെടുന്നവരെല്ലാം നമുക്ക് പല പല മോക്ഷമാണ് ജീവൻമുക്തി വിദേഹമുക്തി ആകെ ഇത് സത്യവും സാഹിത്യം എത്രയോ രസം കണക്കിന് മുക്തി അങ്ങനെ പലതരം മുക്തികളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്ത് പക്ഷെ ഇവിടെ എല്ലാം മിക്കവാറും തൊണ്ണൂറ്റെട്ട് ശതമാനം ഈ മുക്തിയെ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ ദർശനങ്ങളെല്ലാം എന്താണോ അവരുടെ ചിന്തകൾ എന്ന് പറയുന്നത് ഈ പ്രാചീനമായ ഭൂതകാലത്തിൽ ബന്ധിക്കാത്ത ചിന്തകളെല്ലാം മനുഷ്യകേന്ദ്രീകൃതമാണ് മനുഷ്യകേന്ദ്രീകൃതമായ ചിന്തകൾ അപ്പൊ നമ്മുടെ ചിന്തകൾ കൂടുതലും എന്താണോ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് കൂടുതലും അതിഭൗതികമായ ആത്മാവ് ബ്രഹ്മം ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ് ഇതാണ് രണ്ടും നമ്മുടെ വ്യത്യാസം പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ധാർമ്മിക ചിന്ത വേർതിരിക്കയാണ് അതാണ് ശ്രുതി സ്മൃതി എന്നൊക്കെ പറഞ്ഞ് വേർതിരിക്കുന്നത് ധാർമ്മിക ചിന്തയൊന്ന് വേറെയാണ് ആ ധാർമ്മിക ചിന്തയിലേക്ക് വരുമ്പം നമ്മുടെ ഭൂതകാലം എന്ന് പറയും ചാകർ പ്രവർത്തിക്കൊണ്ടുവന്ന് കിട്ടിയിട്ടുണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബലഹീനത ഇവിടെ ധാർമ്മിക ചിന്തയുണ്ട് പക്ഷെ നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ശാസ്ത്രങ്ങളും ചാതുജ്ഞന്മാരും എല്ലാം എന്ത് ചെയ്യുന്നു അവർ ധാർമ്മിക ചിന്ത നടക്കുമ്പോൾ അവർക്ക് ചാതർമണ്ണെത്തിക്കാൻ പറ്റും എന്ന് വെച്ചാൽ അത് മനുഷ്യ കേന്ദ്രീകൃതമല്ല അത് വർണ്ണ കേന്ദ്രീകൃതം ജാതി കേന്ദ്രീകൃതമാണ് ഇതൊക്കെയാണ് ഇതിന്റെ പച്ച പരമാർത്ഥം ദൈവീനതൊന്നും രാഷ്ട്രീയമായി ചിന്തിക്കില്ല നിന്റെ വ്യത്യാസങ്ങളുണ്ട് അതായത് ഞാൻ അന്വേഷിച്ച് പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ പഠിച്ചു മാത്രമല്ല എന്നെ പഠിപ്പിച്ചതും കൂടെയായിരുന്നു അതൊന്ന് ഒളിച്ചു വയ്ക്കുന്നു ആരെ ഇങ്ങനെ സംരക്ഷിക്കാനോ എന്റെ വേണ്ടി ഓളിച്ചു വെക്കുമെന്ന് എനിക്ക് അങ്ങനെ താല്പര്യം അതുകൊണ്ട് ഞാൻ പരസ്യമായും പറയും ഞാൻ രാഷ്ട്രീയക്കാരോട് ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട് ഇപ്പോഴും ഉണ്ട് അപൂർവമായിട്ട് അവർ ഒരു സംവിധ്യം പരസ്യമായും പറയരുത് എന്നാ പറയുന്നു ഞാൻ യോജിക്കുന്നില്ല അങ്ങനെ ഞാൻ ഒളിച്ചു വെച്ചാൽ എന്റെ ലൈഫ് വേസ്റ്റായിപ്പോന്നാണ് ഞാൻ കരുതുന്നത് എന്തൊരു ആഗ്രഹം ഒരു വിഡ്ഢിയായി മരിക്കാൻ എന്തായാലും യാതൊരു അങ്ങനെ ഒരു അജണ്ട ഇല്ല അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയാ